തീർച്ചയായും ആദം അലഹിസലാമിന്റെ സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു കരയിലും കടലിലും നാം അവരെ സഞ്ചരിപ്പിച്ചു വിശിഷ്ടമായ ഭക്ഷണങ്ങൾ നാം അവർക്ക് നൽകി നാം സൃഷ്ടിച്ച പലരെക്കാളും അവരെ നാം ശ്രേഷ്ഠരാക്കുകയും ചെയ്തു